സത്യവിശ്വാസികളെ നിങ്ങളെ ജീവിപ്പിക്കുന്നതിലേക്ക് അള്ളാഹുവും ദൂതനും നിങ്ങളെ വിളിക്കുമ്പോൾ അതിന് നിങ്ങൾ ഉത്തരം നൽകുക തീർച്ചയായും അള്ളാഹു സുബാനഹുവാല മനുഷ്യനും അവന്റെ ഹൃദയത്തിനുമിടയിൽ തടസ്സമായി നിൽക്കുന്നുവെന്നും അവങ്കിലേക്ക് തന്നെയാണ് നിങ്ങൾ ഒരുമിച്ചു കൂട്ടപ്പെടുകയെന്നും നിങ്ങൾ അറിഞ്ഞുകൊള്ളുക